ഭൂമിയിൽ നിങ്ങളെ പ്രതിനിധികളാക്കിയത് അവനാകുന്നു അതിനാൽ ആരെങ്കിലും സത്യനിഷേധം കാണിച്ചാൽ അവന്റെ സത്യനിഷേധം അവന് തന്നെയാകുന്നു സത്യനിഷേധികളുടെ സത്യനിഷേധം അവരുടെ രക്ഷിതാവിങ്കൽ വെറുപ്പല്ലാതെ മറ്റൊന്നും വർദ്ധിപ്പിക്കുന്നില്ല അവരുടെ സത്യനിഷേധം അവർക്ക് നഷ്ടമല്ലാതെ മറ്റൊന്നും വർദ്ധിപ്പിക്കുകയുമില്ല